അവനെ ഒരു പെട്ടിയിലാക്കി അതിനെ നീ പുഴയിലേക്ക് വിടുക പുഴ അവനെ തീരത്തെത്തിക്കട്ടെ എന്റെ ശത്രുവും അവന്റെ ശത്രുവുമായ ഒരാൾ അവനെ കൈക്കലാക്കും എന്റെ ഭാഗത്തുനിന്ന് നിന്നോട് ഞാൻ സ്നേഹം ചൊരിഞ്ഞു എന്റെ നിരീക്ഷണത്തിൽ നീ വളരേണ്ടതിനും വേണ്ടിയായിരുന്നു അത്